പത്താം സ്ഥലം സമീപന്താണ് സീതമാണ് വിദംബനുസരിച്ച് പാട്ടിങ്ങനെ േഹത്മനോ ജാഥാത്മ്യ അജ്ഞാനം സൗകൃഷ്ടം അതിരൂത്ത നിമിത്തം ധർമ്മം ഭാഷമാണം പരസ്പരവിരുദ്ധങ്ങളാണോ ഉപയോഗം സയോഗം യുദ്ധാ വിദ്യുക്തമേ ഉമാരുോഗം പാഠമാനോക്കെ പരമപുഷവ ഇതം ഉച്ച പൈസവാക്കം പദനിവ ആത്മാരമാകർമ്മ ജാനയോഗ ചരേവ്യാസം ഇതാരഭ്യ അഹം നാംസോ ആവേദവും ശേഷ്യമാചതും ഉവാചഭാഷ അപ്പോൾ ഇവിടെ ബൃഹസ്സീവ ഭാരം ആനുകാരെ പരിഹസിക്കുന്നു അതാണ് അദ്ദേഹത്തിനെ കുറച്ച് പരിഹാസയോഗ്യത്തോടെ തം ഇതിൽ പരാമർശമാണ് ദേവം തം അർജുനെക്കുറിച്ച് പറയുന്ന അർജുന പരിഹാസയോഗ്യനാണ് സീതമാനമിതംബ എന്നാണ് വിഷയകണ്ഠ വിതംബജ പറയുന്നതിന് പകരം അതിന് വേക്കാൻ എനിക്ക് പറയുന്നത് സീതമാന വിജന നിരുദ്യോഗം ഫലിതം പറയുന്ന ഒരു പാഠമാണ് ഉദ്യോഗ്യോഗം പ്രവർത്തിക്കാതിരിക്കുക ഔദ്യോഗിച്ച പ്രവർത്തി പ്രവർത്തിക്കാതിരിക്കുക അതാണ് സീതമാനം ശരിയെ സീതമാനം വെച്ചാൽ തളർന്നു തളരുന്നവനായി പ്രസാദിക്കുന്നവനായി രണ്ടായിരം തളരുന്ന അർജുനനൂടെ തളർന്നുപോയി സേനയിൽ മന്തി മന്ധ്യപയോഗിച്ചു യുദ്ധം നല്ല അവസ്ഥാപകേന മന്ധ്യുന്നത് ആ മന്ധ്യ എന്നുള്ളൊരു പറയാൻ ഭാഗം രണ്ട് സേനയുടെയും മധ്യത്തിൽ യുദ്ധത്തിൽ തയ്യാറായി വന്നതിന് ശേഷം എല്ലാം പിന്മാറുന്നുണ്ട് തുടങ്ങിന്മാറും ഈ സമയത്ത് പിന്മാറുന്ന ശരി അതാണ് ഭാഷ അകസ്മാരോഗം പെട്ടെന്ന് യുദ്ധത്തിൽ തയ്യാറായും സേനകളുടെ മധ്യത്തിൽ വന്നു എന്നിട്ട് യാത്രവുമായി ബന്ധിക്കണം അത് വ്യാഖ്യാനം പറയുന്നു അധർമാലി പരാജയുദ്ധ നൂടെ സമ്മേഖല അത്ര നാസ്തി എന്തിനു പിന്മാറണം അധർമ്മമെന്ന് വിചാരിച്ച പിന്മാറണം അധർമ്മമില്ലാത്ത ക്ഷത്രിയത്തിൽ ധർമ്മമാണ് യുദ്ധം അതിന് അതിന്റെ പേര് പിന്മാറുന്നു ഇനി പരാജയം പരാജയം രീതി കൊണ്ട് പിന്മാറുന്ന കൃഷ്ണൻ കൂടെ ഒന്നും ഇല്ലാതെയൊരു പരാജയം അതുകൊണ്ട് നമുക്ക് എന്താണ് ഇത്തരത്തിലൊന്നും പിന്മാറുന്നതിനു ശരിയായിരുന്നു അല്ല അതുകൊണ്ട് അഹേക്കൊപ്പ ത്യാഗം പരിഹാസ്യത് ഒരു കാര്യം ആരംഭിച്ചു എന്നിട്ട് എത്തിയത് ചെയ്യാതെ കാരണവുമില്ലാതെ പരിഹസിക്കുന്നതാണ് എന്നാണ് നമ്മളെ പറയുന്നത് ഒരു കാര്യം തുടങ്ങി അതിന് പിന്മാറുന്നതിന് ഒരു കാരണവും കൂടെ അത് പിന്മാറുകയാണെങ്കിൽ ശരിയാണ് പരിഹസിക്കേണ്ട ആൾക്കാർ അപ്പൊ അതിനെക്കുറിച്ച് തുടർന്ന് പറയുന്നുണ്ട് വാങ്ങി അത് പഴയ വ്യാഖ്യാനത്തിൽ ഞാൻ അതുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ളൂ ആ വിശദീകരിച്ചത് ഇതിലൂടെ കണക്കിലെടുത്തിട്ടാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് എനിക്ക് ഈ അഭിപ്രായം മാറ്റം വ്യാഖ്യാനം അതാണ് ഇതൊരു പരിഹാസമാണോ പരമപുരുഷൻ പാർത്ഥം ആരോഗ്യ പരമപുരുഷ ആ പരമപുരുഷൻ എന്ന് പറയുന്നു ഈ പരിഹാസങ്ങൾ എന്ന വിഷയത്തെ പറയും പരമപുരുഷൻ ഋഷീകേശത്വപ്തിഫലിതം പക്ഷേ ശാസ്ത്ര പ്രാമാണ്യുക്തം ഭരുഷവൈലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ഋഷീകേശൻ വിശദീ അക്കാരണമുണ്ടെ മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് ഇവിടുത്തെ ഉപദേശികൾ ഭഗവാൻ കൃഷ്ണൻ അതെല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരമപക്ഷൻ സാരണപക്ഷനല്ലേ സങ്കല്പമായും ഈശ്വരവാദത്തിൽ നിന്നെല്ലാം വരുന്ന ഒരു പ്രശ്നം ഈശ്വരനാണ് സർവത്തെ എന്ന് പറയുമ്പോൾ വരുന്ന ചില താർക്കികമായ ശരിക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിച്ച് കൊണ്ട് ഇതെന്നും ഈശ്വരവാദികൾക്ക് എതിരെ ഉയർത്തുന്ന വാദങ്ങളാണ് എല്ലാം ഈശ്വരന് അധീനമാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് കൊണ്ടേ ഉണ്ട് അതെല്ലാം മനസ്സിച്ച് കൊണ്ടുപോയി സോഫ്റ്റ് ആയി അവര് എന്ന് പറഞ്ഞു എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രേരിപ്പിക്കുന്നതാണ് എല്ലാ ജീവന്മാരുടെ അങ്ങനെയാണെങ്കിൽ ഭക്ഷ്യമാണ് ശാസ്ത്ര പ്രാമാണികം വക്തീസു പർത്തത്തെ ഋഷീഭാദിക സർവം സങ്കല്പമാത്രമേ ഇറങ്ങിയെങ്ക അങ്ങനെയാണെങ്കിൽ ഈശ്വരനും തന്റെ സങ്കല്പം കൊണ്ട് തന്നെ സർവരുടെ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റും സങ്കല്പിച്ചാൽ മറ്റും ചെയ്യണം എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാം അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവതാരണായും ശിസ്റ്റ യുദ്ധത്തിന് പ്രേരി ഒരു ഉപദേശത്തിന്റെ ആവശ്യം അർജുനൻ യുദ്ധം ചെയ്യട്ടെ ഭഗവാൻ സങ്കൽപ്പിച്ചാൽ യുദ്ധം അപ്പൊ ആ സമയം യുദ്ധം നടക്കും പിന്നെ ഉപദേശം അനുഷ്കേശനാണ് മറ്റുള്ള എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നുണ്ട് ഉപദേശത്തിന്റെ ആവശ്യം തോന്നുന്നു ചോദിക്കാം ആരുടെ പക്ഷത്തുനിന്ന് ഈശ്വര ഭാഗത്ത് അംഗീകരിക്കാത്ത പക്ഷേ ചോദ്യത്തിന് യുക്തിയുണ്ടെ ചോദിക്കുന്നത് ഈശ്വര സർവനിയന്താണ് സങ്കല്പം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ സങ്കല്പിച്ചാലും അതിന് ഇന്ത്യത്തിന്റെ ദൈവം ഇത്രയും കഷ്ടപ്പെട്ട് ഉപദേശിച്ചത് ഭൂഭൂഭാര അവതാരണ എന്ന ചിത്രത്തിൽ പേരയിൽ ശിക്ഷ ഭൂമിയുടെ ഭാരമില്ലാതെന്ന് വെച്ചാൽ ദുഷ്ടന്മാരുടെ ഭാരം എന്ന് വെച്ചാൽ അതിൽ ശക്ത മനുഷ്യന് കൂടി നിന്നും ഭൂമിക്ക് ഭാരമാണ് അതൊക്കെ പഴയകാലത്ത് ഇതിനൊക്കെ അറിയാത്തതുകൊണ്ട് മനുഷ്യൻ ചിൻസാണ് മനുഷ്യൻ കൂടി തരുന്ന ഭൂമിക്ക് ഭാരണം മനുഷ്യൻ കൂടി തരഞ്ഞാണ് ഭൂമിയുടെ ഭാരം ഗുരുത്വാകർഷത്തെക്കുറിച്ച് അറിയാത്തത് അങ്ങനെ മനുഷ്യരൂപങ്ങനെയൊക്കെ ധരിച്ചു തഥാപി ജഗതുപകര മദ്യ പാർട്ടം തദ്തരം ഭാഷ സാധാരണ പുരുഷാർത്ഥ ഉപായ ശാസ്ത്രോപദേശദ്വാര പ്രവർത്തിക്കുന്നു പക്ഷെ എന്നാലും എല്ലാവരും ജഗത്തിനു പ്രദേശം വെച്ചും വാർത്തനു വേണ്ടി മാത്രമല്ല വർണ്ണങ്ങൾ മറ്റുള്ള എല്ലാവർക്കും ജഗത്തുപകൃത്യം പറയുന്നു ജഗത്തിന് ഉപകരിക്കുന്നതിന് വേണ്ടി മനുഷ്യരൂപത്തെ ധരിച്ചവനാണ് സുരക്ഷ അതായത് ജഗത്തുപകൃത്യമാക്കി അതുകൊണ്ട് പ്രാർത്ഥന മറ്റുള്ള എല്ലാവർക്കും അതാണ് ജഗതുപദ്ധതി മണ്ലയ പാർത്ഥ കഥികര ആത്മസാസ്ത്രം പുരുഷാർത്ഥുമായ പുരുഷാർത്ഥത്തിനുമായ മായശാസ്ത്ര എല്ലാവർക്കും വഴി ഉപദേശസ്വാരം െല്ലാവരെയും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുരുഷാർത്ഥങ്ങൾ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ന് പറയുന്നത് കേവലം പ്രാർത്ഥന പ്രാർത്ഥന യുദ്ധത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അത് സങ്കല്പം കൊണ്ട് സാധിക്കും എല്ലാ മനുഷ്യരെയും ഷാർത്ഥത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് സങ്കല്പം പോലെ ചോദിച്ചാലോ ഇദ്ദേഹം ഉപദേശിക്കുന്നത് ും ഇപ്പം ജീവിക്കുന്നതിന് സങ്കല്പം വഴിയെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനെ കൊണ്ടും പുരുഷാർത്ഥത്തിന് വേണ്ടിയുള്ള പ്രവർത്തിക്കുക ഈശ്വരന്റെ സങ്കല്പം പ്രവർത്തിക്കണം വേണം എന്താ വെച്ചാൽ പറയും അതുകൊണ്ട് ഈശ്വരനെല്ലാപ്പുറവും മനുഷ്യന്റെ മറവ് സങ്കല്പം കൊണ്ട് വരികയും അത് സങ്കല്പം കൊണ്ട് പാത്രമാക്കും അതാണ് പാത്രം അല്ലെങ്കിൽ സങ്കല്പം കൊണ്ടൊന്ന് പാത്രമാക്കിയാൽ പറ്റില്ല അതാണ് ഒന്നും കാര്യം അതല്ലാതാണ് ഇവിടെ പറയുന്നത് എനിക്ക് ഒന്നും ആ കാര്യങ്ങൾ പറയുന്നത് സങ്കല്പമുണ്ടല്ല വരെ ഇരിക്കും എന്തെങ്കിലും ഒക്കെ സങ്കല്പം ആണ് ഈശ്വരൻ ഇതെല്ലാം അത് ഇതെന്ത് ചോദിക്കും എന്താ മറുപടി എന്നാണത് ചോദിക്കുന്നു സങ്കല്പം ഒഴിവാക്കാമായിരുന്നു അത് സങ്കല്പം കൂടിയോ എന്നൊക്കെ പറയുന്നു ഇതിനെന്താ മറുപടി സങ്കല്പം കൊണ്ട് പരിശ്രമത്തിന് പ്രാധാന്യമുണ്ടോ സങ്കല്പം കൊണ്ടൊന്നും സാധനമില്ല മനുഷ്യന്റെ പരിശ്രമത്തിന് പ്രാധാന്യമില്ല സങ്കല്പം കൊണ്ടെന്നുള്ള സങ്കല്പം കൊണ്ടന്നെ സാധിക്കുന്ന എനിക്കിപ്പോ ഡയബറ്റിക്സാണ് ഞാനൊരു ഭക്തനാണ് ഈശ്വരനെന്ത് വിചാരിച്ചവര് സങ്കല്പം കൊണ്ടേണ്ട ഡയബറ്റിക്സ് മാറ്റിയവർ എനിക്ക് വേണ്ടി ഡോക്ടറും ആശുപത്രിയും മരുന്നും എല്ലാം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാകും സങ്കല്പം കൊണ്ടെന്ന് മാറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂടി അത് ലീല ലീലാണെന്നല്ലേ ലീല എന്ന് പറയുന്നത് സങ്കല്പം കൊണ്ട് എന്റെ എന്താണ് അസോകമാറ്റാണ് അത് ലീല അതി ലീല സങ്കല്പം കൊണ്ട് സങ്കല്പം അംഗീകരിച്ചല്ലേക്ക് സങ്കല്പം കൊണ്ടാണ് ലീലകളല്ല അപ്പൊ ലീല എന്തായിരിക്കണം സങ്കല്പം കൊണ്ട് എന്റെ അസുഖം മാറ്റുന്നു അവിടെ ഡോക്ടർ വേണ്ട മരുന്ന് വേണ്ട ആശുപത്രി അതാണ് ലീല എന്തുകൊണ്ടായിക്കൂടെ കാരണം ലീല ഈ സങ്കല്പല്ല അത് ഈശ്വരന്റെ സങ്കല്പത്തെ കുറിച്ചാണ് നമ്മുടെ സങ്കല്പല്ല ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് എന്നിവിടെ പറഞ്ഞുകൊണ്ടാ ജോലി അല്ലാതെ ഈശ്വരന്റെ സങ്കല്പം ഞാനുണ്ടോ അറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈശ്വരന്റെ സങ്കല്പ ഈശ്വരവാകിയോടാണെന്ന് പറയുന്നത് ഈശ്വരന്റെ സങ്കല്പം കൊണ്ടത് അത് സങ്കല്പമാണല്ലോ ലീലയാണെങ്കിലും സങ്കല്പം തന്നെ സങ്കല്പല്ലാത്ത ലീലയുണ്ടോ ആ സങ്കല്പത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് നിങ്ങളെ ലീല എന്ന് പറഞ്ഞാൽ സങ്കല്പം തന്നെ ഏ ആ അപ്പൊ ഇവന്റെ സങ്കല്പത്തിന്റെ അർത്ഥം ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണ് എന്ന് പറയുന്നത് സങ്കല്പത്തിന്റെ അർത്ഥം വന്നത് ഈ നേരത്തെ പറഞ്ഞത് എന്താണ് കൃഷിയേശനം എന്ന് പറയുന്ന ഭാഗത്തിന് അർത്ഥമില്ലാതെ വിദേശം എന്ന് പറഞ്ഞാണ് എല്ലാ ജീവന്മാരുടെയും എല്ലാ സങ്കല്പങ്ങളെയും പ്രവൃത്തിയുടെയും എല്ലാ സങ്കല്പം കൊണ്ടും ഈശ്വരന്റെ സങ്കല്പ അധീനമാണെന്നാണ് അപ്പൊ ഈശ്വരന്റെ സങ്കല്പത്തിന് അധീനമായി ഇന്നത്തെകത്ത് മുഴുവൻ പറയുന്ന നാടാനാണ് പരമകാത്മികനാണ് ദയാപരനാണ് അപ്പൊ എന്നെങ്ങനെ ഡയലറ്റി കഷ്ടപ്പെടുത്താൻ പാടില്ല അവൻ ഞാനീ ഡോക്ടറേം മരുന്നും ഇതുമായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ട ഏതെങ്കിലും കാര്യമില്ല അത് കാരുണ്യമാനാണോ അപ്പൊ എന്നോട് കാര്യമില്ലാത്ത ആ ഞാനാ എന്താ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയാവോ അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഈശ്വര കരുണ്യമാനാണെങ്കിൽ ഞാൻ കഷ്ടപ്പെടാൻ പാടില്ല ഞാൻ സർവജ്ഞനുമാണ് ഏ ഞാൻ അത്മജ്ഞനാവാൻ പാടില്ല ഈശ്വരൻ എന്തിനെ അത്മജ്ഞനാക്കി സർവജ്ഞനായ ഈശ്വരൻ കരുണാവാനായ ഈശ്വരൻ എന്നെന്തിനത്പജ്ഞനാക്കി അതെന്തിനങ്ങനെ എന്നെ കൊണ്ട് ചോദിപ്പിക്കുന്ന എന്തെന്ന് ഞാൻ ചോദി അതായത് ചോദിക്കുന്നത് എന്നെ കൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല ഈശ്വരൻ സർവജ്ഞനാണ് കാരണം ഉള്ളവരാണ് സർവ്വശക്തനാണ് എനിക്ക് എന്തുകൊണ്ട് ഈ അവസ്ഥ അല്പജ്ഞനവും പാടില്ലല്ലോ ഈശ്വരൻ കരുണ്യമാനല്ലേ ഈ ലോകത്തെ ഒരു മനുഷ്യനും അല്പജ്ഞനായി ശ്രദ്ധിക്കാൻ പാടില്ല ഈശ്വരൻ കേറിക്കും ഏ അല്ല അപ്പൊ ഈശ്വരൻ ഇങ്ങനെ വന്നത് ഈശ്വരന്റെ തീരുമാനമാണെങ്കിൽ ഈശ്വരൻ കരവട്ടിമാനണ്ടെന്ന് പറയേണ്ടി വരും ക്രൂരനാണെന്ന് പറയേണ്ടി വരും കാരണം ഞാൻ ഒരുപാട് വേദനിക്കുന്നു ഈശ്വരൻ്റെ ശ്രദ്ധിക്കുന്നുണ്ട് ഏ അല്ല എന്റെ അനുഭവം ഇതല്ല നമ്മളെന്ത് ചർച്ച ചെയ്യുന്നു ഈശ്വരൻ ചർച്ച ചെയ്യുന്നു ഈശ്വരന്റെ ആരും ചർച്ച ചെയ്യുന്നത് നമ്മളാണ് ഈശ്വരന്റെ ഗുണവും ദോഷവും എല്ലാം ചർച്ച ചെയ്യുന്ന മനുഷ്യനാണ് അപ്പൊ മനുഷ്യന്റെ മനുഷ്യനെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഈശ്വരനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ല ഈശ്വരത്തിൽ ചർച്ച ചെയ്യുന്ന മനുഷ്യനെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഈശ്വരൻ എന്താണ് ഈശ്വരന്റെ സങ്കല്പത്തെ അധീനമാണ് സ്വർണ്ണം ഈശ്വരൻ കാരോഗ്യവാനാണ് എങ്കിൽ ഈ ലോകത്ത് ആർക്കും ദുഃഖം വരാൻ പാടില്ല എനിക്കും വരാൻ പാടില്ല ഈശ്വരൻ സർവജ്ഞനാണ് മൂന്ന് ഗുണങ്ങൾ ഈശ്വരനോട് എന്താണ് സർവജ്ഞത്വം സർവശക്തിത്വം പരമകാർഗികൾ ഇത് മൂന്ന് ഈശ്വരനുണ്ടെങ്കിൽ ഈ ഒരു ജീവന്മാർക്കും ഒരു കഷ്ടപ്പാടും വരാൻ പാടില്ല അർജുന്റൈനയിലെ ഒരു അവസ്ഥ വരാൻ പാടില്ല എനിക്ക് വരാൻ പാടില്ല അല്ല നമ്മളല്ല ഇപ്പൊ നമുക്ക് ഈശ്വരനോട് ചർച്ച ചെയ്യാൻ പറ്റും നമ്മൾ ഒമ്പോച്ച് അവിടെല്ലേ നമ്മളെ ചിന്തിക്കുന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഈശ്വരൻ ആ നമ്മളുടെ സങ്കല്പ നമ്മൾക്ക് അതീതനായ ഈശ്വരനെ കുറിച്ച് നമ്മൾ സംസാരിക്കും നമ്മൾ സംസാരിക്കാൻ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കുന്ന ഈശ്വരൻ നമുക്ക് അതീതനാണ് കാരണം നമുക്ക് സർവജ്ഞത്വമില്ല സർവശക്തിത്വമില്ല പരമകാർമ്മികത്വമില്ല അത് അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന പരമ്പര അംഗീകരിക്കുന്നതല്ല നമ്മുടെ അനുഭവം അത് ഈശ്വരൻ തീരുമാനിച്ചാൽ മതി നമ്മൾ തീരുമാനിക്കണമെന്ന് നമ്മൾ പറഞ്ഞു ഈശ്വരൻ തീരുമാനിച്ചാൽ എന്ത് വേണം തന്റെ സർവശക്തിക്കും തന്റെ സർവജ്ഞതയ്ക്കും തന്റെ പരമകാരഗതിക്കും അനുസരിച്ചാണ് ഈശ്വരൻ പ്രവർത്തിക്കേണ്ടത് എന്റെ കലാ പറയുന്ന വിശേഷങ്ങളെല്ലാം ഈശ്വരന് വ്യർത്ഥമായിത്തീരും ഈശ്വരൻ തീരുമാനിക്കണമെന്ന് നമ്മൾ പറയുന്നു എന്താ ഈശ്വരൻ തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ പറഞ്ഞു ഈ വിശേഷണങ്ങളെല്ലാം ഈശ്വരന് കൊടുക്കുന്ന ആരാണ് ഈശ്വരൻ സർവജ്ഞനാണ് പിന്നെ എന്താണ് കാരുണ്യവാനാണ് സർവശക്തനാണെന്നുള്ള ഈ വിശേഷങ്ങളിൽ ഈശ്വരന് കൊടുക്കുന്ന ആരാണ് ആരാ അത് മനുഷ്യനാണ് കൊടുക്കുന്നത് മനുഷ്യൻ കണ്ടെത്തിയ ഈശ്വരനാണ് എന്താണ് ഈശ്വരനെ കുറിച്ച് മനുഷ്യന്റെ പരവുമായ കാഴ്ചപ്പാടാണ് എന്താ ഈശ്വരൻ സർവജ്ഞൻ സർവസിദ്ധൻ അപ്പോൾ അതിൽ നിന്നുകൊണ്ട് വേണം ഈശ്വരന്റെ പ്രവൃത്തികളാണ് നമ്മൾ വിലയിരുത്തുന്നത് മനുഷ്യന്റെ ചിന്തയാണ് അല്ല ഈശ്വരന്റെ ചിന്തയല്ലേ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണോ ഇത്രയും വലിയ ഗുണങ്ങൾ ഈശ്വരന് നമ്മൾ കൽപ്പിക്കുമ്പോൾ ഈശ്വരൻ അങ്ങനെ പറയും നമ്മളടുത്തുനിന്ന് ഈശ്വരൻ പറയുന്നു മനുഷ്യൻ തന്നെയാണ് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിന് അങ്ങനെ ഒരു ഈശ്വരന്റെ ഇടപെടൽ കാണുന്നില്ല അതുകൊണ്ടാണ് സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്ന അല്ല ഈശ്വരനെ ചോദ്യം ചെയ്യുന്നത് ഏ അല്ല അത് മനുഷ്യനോട് ചോദിക്കാൻ ആരും പറയാനുള്ളൂ മനുഷ്യനോട് ചോദിക്കുമല്ലോ നിങ്ങൾ ഈശ്വരനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എന്തുകൊണ്ട് എന്റെ കഷ്ടപ്പാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നു മനുഷ്യൻ ചോദിക്കും അത് പാടില്ല ചോദ്യം ചോദിക്കാൻ പാടില്ല പഠിത്തം പറയാൻ പാടില്ല അത് ഏകാധിപത്യമായിരിക്കും ജനാധിപത്യം ഉണ്ട് ചോദ്യത്തിന് വികാശം ചോദ്യത്തിന് എന്താണ് നിങ്ങൾ പറയുന്ന അനുസരിച്ച് യുക്തിയുക്തമായ മറുപടി പറയാൻ പറ്റില്ല അത്രയോ അല്ല ചോദ്യം ചോദിക്കാൻ പാടില്ല ചോദ്യം തന്നെ പറയാൻ പറ്റില്ല ആരും അല്ല അംഗീകരിക്കാൻ കഴിയാത്തോണ്ടാണ് ചോദ്യം ചോദിക്കുന്നത് അംഗീകരിച്ചാൽ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ദുഃഖിക്കുമ്പോഴേ എനിക്കാ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നു അങ്ങനെ ബല ബലംപ്രവേശങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് ഇതി അമീനാണ് ഇത് നല്ല ചോദ്യം പിന്നെ അതായത് രണ്ടും നിങ്ങൾ അംഗീകരിക്കും ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഈശ്വരവാദികളാണ് പറയുന്നത് ഏത് അംഗീകരിക്കുന്ന ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ ചോദിക്കുന്നത് ഏ അംഗീകരിക്കാൻ ആ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് അതിനെന്ത് സ്വാദം പറയുമെന്നാണ് അതെങ്ങനെ അംഗീകരിക്കും നിങ്ങളുടെ മേലെന്തെങ്കിലും അടിച്ചേൽപ്പിച്ച് ആരെങ്കിലും അംഗീകരിക്കുന്നു പിന്നെ ഇങ്ങനെ പറയുന്നത് എന്താണ് ഞങ്ങളിങ്ങനെ പറയുന്നു നിങ്ങളെ ഫലമായി അംഗീകരിക്കണം നിങ്ങൾ അംഗീകരിക്കും ചില ചോദ്യം ചോദിക്കാൻ പഠനം എന്ന് ആരെങ്കിലും സംവദിക്കുന്നു ചോദ്യം തീർച്ചയായിട്ടും ചോദ്യം ആരുടെ അത് ഏകാധിപത്യം അങ്ങനെയാണ് കേട്ടോ അവരും മറ്റുള്ളവരുടെ അവരെ അടിച്ചേൽപ്പിക്കും ചോദ്യം ചോദിക്കാൻ ചോദിക്കില്ല അതിപ്പോ അംഗീകരിക്കുവാണെങ്കിലും ആ ഈ പറയുന്നവർ അടിച്ചേൽപ്പിക്കലാണെന്നു കൊണ്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല നിങ്ങളിത് അംഗീകരിച്ചോ എന്ന് പറയുന്ന അടിച്ചേപ്പിക്കലാണ് പിന്നെ ആ ചോദ്യം പാടില്ല കാരണം ഞങ്ങൾ പറയുകയാണ് ഇതാണ് ഈശ്വരൻ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദ്യം ഒന്നും ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഞങ്ങളിത് അംഗീകരിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബോധമില്ലാത്തതുകൊണ്ട് ബോധമുള്ളൂർ ചോദിക്കും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടെ തന്നെ ആയിരുന്നു അങ്ങനെ ഒരു ഇടപാടുണ്ട് ഞങ്ങളിതന്നെ അംഗീകരിക്കുന്നു നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങളുടെ മറുപടിയാണ് ഞാൻ ഗ്രഹനം വെച്ചറിഞ്ഞുകൂടാ പറഞ്ഞാൽ ഞാൻ ഈശ്വരനെ കുറിച്ച് അറിഞ്ഞുകൂടാ പ്രശാന്ത് ഗഹനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയില്ല അപ്പൊ ഇതും പറഞ്ഞാൽ മതി ഞാൻ ഈശ്വരൻ എന്താണ് സർവജ്ഞനാണോ സർവശിക്തനാണോ കർമ്മകാരനാണോ ഞാൻ അതറിയില്ലായിരുന്നു ഇതിനെ കുറിച്ച് അറിയാത്ത കാര്യത്തിൽ പിന്നെ ഒരാൾക്ക് അറിയില്ലെന്നുള്ള അയാളോട് എന്താണോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഈ തർക്കമെന്ന ചോദ്യമുണ്ട് അറിയില്ല എന്നൊന്ന് പറയണമെങ്കിൽ ധർമ്മത്തിന്റെ കാര്യം പോലെ പിന്നെ അറിയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എവിടെയെങ്കിലും പിന്നെ അറിയാമെന്ന് പറയും അറിയില്ലെന്നുള്ള ഞാൻ പറഞ്ഞതെങ്കിലും ഞങ്ങൾക്ക് അറിയത്തില്ല പ്രശ്നമുണ്ട് ചെറിയ കാര്യം ചെറുടത്തെ അങ്ങനെ വരും ധർമ്മം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സംബന്ധിച്ചു അതുപോലെ ഈശ്വരൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിനെന്തുവരെ ഒരു മറുപടി ആരും പറഞ്ഞിട്ടില്ല ലോകമുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഈ ഇതിനൊരു സമാധാനപരമായ യുക്തി വ്യക്തമായ ഒരു മറുപടി ഇതുവരെ ലോകത്ത് ആരും പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ പ്രചാരത്തിനുള്ള മറുപടി വേണമെങ്കിൽ ഞാൻ പറയാം അത് വേണമെങ്കിൽ പറയാം പക്ഷെ അതും എന്താണ് അവസാനം അതെവിടെ ചെന്നെത്തുമെന്ന് പറഞ്ഞില്ല അതായത് ഇന്ന് ഇപ്പോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന എനിക്ക് മരുന്ന് വേണം ഡോക്ടർ വേണം ഇതാണ് ഞാൻ കഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ട് ബുദ്ധി ഒരുപാട് ബുദ്ധിമുട്ട് ഈശ്വരൻ സർവജ്ഞനും പരമകാലികനും കാര്യവനായിട്ട് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പറയുന്ന മറുപടി അല്ലെങ്കിൽ ഈശ്വരൻ എന്നെ പരീക്ഷിക്കുക മനസിലായി ഈശ്വരൻ എന്നെ പരീക്ഷിക്കണം എന്ന് പറയും എന്നെ പരീക്ഷിക്കുന്നു ഈ പറയുന്ന പോലെ പുരുഷാർത്ഥം അത് ഞാൻ എന്താണ് പുരുഷാർത്ഥത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കണം അപ്പോൾ ഈശ്വരൻ എനിക്ക് ഫ്രീ ബിൽ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ആസ്തികന്മാരും നാസ്തികന്മാരും തമ്മിലുള്ള ചർച്ച ലോകത്ത് പല ഭാഗത്തും നടക്കുന്നു നമ്മളറിൽ തന്നെയായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് അവര് ഫ്രീ ബില്ല് ഞാൻ കൊണ്ടുവന്നത് എനിക്ക് ഫ്രീ ഇല്ല അറിവില്ലെന്ന് വെച്ചാൽ എനിക്ക് എന്റേതായ ഒന്നും തിരഞ്ഞെടുക്കാം അപ്പോൾ ഈശ്വരൻ തന്നെ പരീക്ഷിക്കുകയാണ് ഞാൻ ഈശ്വരൻ തന്നെ എനിക്ക് ഫ്രീയിൽ തന്നിരിക്കും അപ്പം ഞാൻ എന്ത് സ്വർഗത്ത് പോകാനോ സ്വർഗവിശ്വാസികളെ സ്വർഗത്ത് പോകാനോ അതിനുള്ള എന്താണ് ഈ കഷ്ടപ്പാടുകളിലൊക്കെ ജീവി ജോലി ശരിയായ വേണ്ടി തിരഞ്ഞെടുത്ത് ധർമ്മത്തിൻ്റെ മാർഗത്തെ സഞ്ചരിച്ച് സ്വർഗത്ത് പോകാൻ വേണ്ടി ഈശ്വരൻ എന്താണ് എന്നെ പരീക്ഷിക്കുന്നതാണെങ്കിൽ അല്ലാതെ ഈശ്വരൻ എന്താണ് ക്രൂരമായ ഒരു തോന്നൽ ചെയ്യുന്നതല്ല ഇതാണ് അതിന് പറയുന്നത് ഒരു മറുപടി എനിക്ക് എന്റേതായ രീതി കൊണ്ടാണ് എനിക്ക് കഷ്ടപ്പാടുകൾ നമ്മുടെ കർമ്മനിയമം പോലെ പക്ഷെ കർമ്മനിയമ അംഗീകരിക്കാത്ത ഒരു ഫ്രീമില്ലെന്ന് പറയുന്നു ഒന്നിനാണ് പകരമായിട്ടു എന്നു വിചാരിച്ച തർക്കം തീരുന്നില്ല അത് ചോദ്യങ്ങളും അങ്ങനെയാണെങ്കിൽ എന്താണ് ഈശ്വരൻ സർവജ്ഞനായ ഈശ്വരൻ തന്നെ ഒരാളെ പരീക്ഷിക്കും ഒരു കുട്ടിയുടെ കുട്ടിക്ക് പരീക്ഷ നടത്തുന്നത് എന്താണ് സാർമാർക്ക് അറിയത്തില്ല അവൻ എത്ര മാത്രം പഠിച്ചിട്ടുണ്ട് അവൻ ജയിക്കുമോ തോന്നുമോ അപ്പോൾ സാറുമാർക്ക് അറിയില്ലാത്ത ഒന്നാണ് എന്തു കുട്ടികൾ എത്ര എഴുതും അവനെത്ര പഠിച്ചിട്ടുണ്ട് അവൻ്റെ പ്രിപ്പറേഷൻ എത്രയാണ് മനസ്സിലാക്കാൻ സാറുമാരെ സംബന്ധിച്ച് ശരിയാണ് കുട്ടികൾക്ക് പരീക്ഷ വയ്ക്കും ഈശ്വരൻ അറിയുന്ന ആളാണ് അപ്പം ഈശ്വരൻ ഈ ജീവന്മാർക്ക് പരീക്ഷ വയ്ക്കുന്നത് അതിന്റെ ആവശ്യം ഈശ്വരൻ എന്തെങ്കിലും ഇത് പിന്നെ ഫ്രീ ബില്ല് എന്ന് പറയുന്നത് ജീവൻ ഈശ്വരം കൊടുത്തിരിക്കുന്നു ഫ്രീ ബില്ലെന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം മോശമായ രീതിയിൽ ഉപയോഗിക്കാം അപ്പോ നല്ല രീതിയിലും മോശമായ രീതിയിലും ഉപയോഗിക്കാം അങ്ങനെയുള്ള സാധനം ഈശ്വരം കൊടുക്കും അത് കൊടുത്തു വരുമ്പോൾ തന്നെ അവിടെ ഈശ്വരത്തിന്റെ കണക്കൂട്ടിൽ പഴയ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ചിട്ട് അവ നരകത്തിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് സ്വർഗത്തിൽ പോകുന്നു അപ്പൊ അവനൊരു ഫ്രീ ഉള്ളവന്റെ വെയിൽ വെച്ചുകൊടുത്ത ഇൻസിഡന്റിന്റെ ഭാഗത്തിന് ഉത്തരവാദപ്പം കടത്തുകൊണ്ടപ്പോ ഞാൻ പറഞ്ഞത് ഇതിന് ഒരവസാനം പിന്നെ അവസാനം ഇതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞവരവസാനിപ്പിക്കുക അതിന്റെ അവസാനം ഒരു ആശ്വാസം വരുന്നത് ചോദ്യത്തിന് ഉത്തരത്തിലൂടെയല്ല മനസ്സിനെന്താണോ വിശ്വാസം അതൊക്കെ വിശ്വാസിച്ചു പോകുന്നു വിശ്വാസത്തിന് ഇത് അത് ഈശ്വരനെ വിശ്വസിക്കുന്ന ഇഷ്ടമാണോ അത് വിശ്വസിക്കുന്നത് അല്ലേ വിശ്വസിക്കാൻ അതല്ല അതിന്റെ വേറെ മറുപടി അല്ല അവിടെ ഉത്തരം നോക്കുന്നു യാതൊരു ഈ ഒരു വിശ്വാസത്തിൽ ജഗത്ത് ഭഗവതി മർദ്ദിക്ക ജഗത്തിന് ഉപകരിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ശരീരത്തിൽ സ്വീകരിച്ച ഈശ്വരൻ ആത്മസാധാരണം എല്ലാ ദുരുഷർക്കും വേണ്ടതായ പുരുഷ പുരുഷാർത്ഥത്തിനുള്ള ഉപായമായ ശാസ്ത്രത്തെ ഉപദേശിക്കുന്നു അങ്ങനെ എല്ലാവരെയും പ്രവർത്തിക്കുന്നു എന്തേലും പറയാനും ഒരർത്ഥം ഈ അർത്ഥം ഒന്നും പൂർണ്ണമല്ല വീണ്ടും പറയുന്നു എത്തുക ധീരം അർജുനം ഋഷികേശ്വര സ്വയം തക്ഷോം പ്രഹസന ജഗതുഭകാരായ ശാസ്ത്രമാ അർജുനം വളരെ ധീരനാണ് അങ്ങനെയുള്ള അർജുനനെ എന്താണ് ഉദിനങ്ങൾക്കെല്ലാം അർജുനായിരിക്കുന്ന ഭഗവാൻ സ്വയം അർജുനൊന്ന് ഇളക്കാൻ വേണ്ടി ഒന്ന് ചിന്തിപ്പിക്കാൻ പറ്റും ഒന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റും അർജുനന്റെ ഉള്ളിലൊരു വിക്ഷോഭം ഉണ്ടാക്കുന്നേ പരിഹസിക്കുന്നത് പോലെ സജീവ എന്നോട് പറഞ്ഞു പരിഹാസം പരിഹസിക്കുന്നത് പോലെ ജഗത്ത് ഉപകാരമായി അവിടെ ഏതാണ് ലോകത്തിന്റെ ഉപകാരത്തിന് വേണ്ടി ശാസ്ത്രജ്ഞർ ഉപദേശിച്ചു അവിടെ സമ്പത്ത് വിശേഷ സമനന്ദനവാക്യ പര്യാലോചനയായ പരിഹാസാസ്ത്ര ഔചിത്യ ീ തുടർന്നു വരുന്ന കാര്യങ്ങളിലൊക്കെ ആലോചിക്കുമ്പോഴും പരിഹാസവും കൊണ്ട് അർത്ഥത്തിൽ ദോഷവുമില്ല പരിഹസിച്ചു ആരെ പരിഹസിച്ചു പാർത്ഥനത്തിൽ ഇനി ഭഗവാൻ വെറുതെ ചിരിച്ചു എന്ന് പറഞ്ഞാൽ പലരും ഒരുപഞ്ചും ചരി ഇവിടെ അങ്ങനെ എന്താ പറഞ്ഞു ഭാഗ്യൻ പരിഹസിച്ചു അപ്പൊ അതിനൊരു കർമ്മം വേണം ആരും അർജുനനെ തന്നെയാണ് പരിഹസിച്ചത് പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കാരണം ആ പരിഹാസം എന്ന് പറഞ്ഞത് എങ്ങനെയൊക്കെ ശരിയാകാവുന്നതാവുന്ന ഇനി വേറൊരു ഭാഗത്തേക്ക് പ്രപഞ്ച ദോഷനിരീക്ഷതയുടെ പരിഹാസം ശിഷ്യമ്പലി അധ്യാത്മോപദേശത്തെ പ്രവാസമാത്ര ദൃഷ്ടാന്തം അനുപയോഗം ചവിപ്പിലേക്ക് വർദ്ധിച്ചു അങ്ങനെ ഇങ്ങനെ പറയാണ്ടാവും ഒരാൾ തന്നെ ആശ്രയിക്കുക വളരെ നിഗ്ണത്തോടുകൂടി കഷ്ടപ്പാടോടുകൂടി ഒരാളെ ആശ്രയിക്കുമ്പോൾ ദോഷനിരീക്ഷണേന പരിഹാസമാണ് അതൊരു ദോഷമായി കണ്ടുകൊണ്ട് പരിഹസിക്കുന്ന ആരും ചെയ്യാറുണ്ട് വളരെ വേദനയോടുകൂടി സമീപിച്ചാൽ സാധാരണ നമുക്ക് വളരെ വേദനയോടുകൂടി ഒരു ഡോക്ടറെ രോഗി ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ രോഗി പരിഹസിച്ചു അങ്ങനെ പരിഹസിച്ചു സാഠം മറ്റുള്ളവരെ ദുഃഖത്തിൽ സന്തോഷിക്കും അപ്പൊ അതങ്ങനെ ഈശ്വരനെങ്ങനെ ശരിയാവും അത് ശരിയാകും അത് പരിഹാസത്തിന് സാധാരണ പറഞ്ഞു വരുന്ന പരിഹാസം നടന്നു കൊടുക്കാൻ പാടില്ല പരിഹാസ അസംഭവമാണ് ശിഷ്യം പള്ളി അധ്യാത്മ ഉപദേശിച്ച് പ്രഭാസം മാത്രം അതുകൊണ്ട് അധ്യാത്മ ഉപദേശി ശിഷ്യന് കൊടുക്കുമ്പോൾ പരിഹസിക്കാൻ പറയും ആ ശരിയാ അതിന് ഒരു ദൃഷ്ടാന്തമായി എടുക്കുകയാണ് കൊണ്ട് ചെയ്യേണ്ട മനസ്സിലാക്കണം പാർത്ഥശബ്ദം കൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം ഇവിടെ പ്രകസന വരണം സരസത്വം സുപ്രത്വം എനിക്ക് മഹതോത്ത അനായാസം അപ്പൊ ഇവിടെ പ്രകസൻ എന്ന് പറഞ്ഞു ഇവിടെ പാർത്ഥ കർമ്മകമായ ഒരു പ്രവൃത്തിയല്ല അർജുനനെ ഇത് എന്താണ് വ്യാഖ്യാതാവ് പറയുകയാണോ പരിഹസിക്കുന്നവർ വരുന്നത് ശരിയല്ല സങ്കടപ്പെട്ട് അതുകൊണ്ട് എന്താണ് സരസ അപ്പൊ ഈ ഉപദേശത്തിലുള്ള സരസ്വത ഈ സരസ്വതെന്താണ് ഭഗവാൻ സ്വയം വിരസത്തോടു കൂടിയിരിക്കുന്നു ആനന്ദത്തോടു കൂടിയിരിക്കുന്നവനായിരിക്കും സ്വയം വിശരസനായ സരസ പ്രത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഭഗവാനിനൊക്കെ ഉപദേശിക്കുമ്പോഴത്തേ വളരെ ആനന്ദത്തോടുകൂടി തന്നെ ഇതെന്ന് ഉപദേശിക്കുന്നു ഇതെന്താ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നിസാരമായി സാധാരണ പറയുന്നത് എത്ര വലിയ ചിരിച്ചുകൊണ്ട് സമീപിക്കുക പറയുന്നു അതുപോലെ അർജുനന്റെ എല്ലാ പ്രശ്നങ്ങളെയും വളരെ സരസമായി കാണുന്നു അതിനാൽ അതുപോലും അതിനെ ലഘൂകരിക്കില്ല താനും അതുപോലെ വലിയ ഗൗരവത്തി വന്നു കഴിഞ്ഞാൽ അർജുനന് കൂടുതൽ പ്രശ്നമില്ല ആ പ്രശ്നം ഇവിടുത്തെ വൈഷല്യം പ്രശ്നം കൊണ്ട് അർജുനന്റെ തന്നെ ആണ് ഭഗവാന്റെ തന്നെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം താൻ തൻ്റെ സ്വതസിദ്ധമായ ആനന്ദ സ്ഥിതിയിൽ തന്നെ ഇരിക്കുകയാണ് അതിനെക്കാൻ വേണ്ടിയത് പ്രഹസനം ഒന്ന് ചൊരിക്കും അത്രയുള്ളൂ സ്വകാര്യം അടിയാണ് എന്താണ് നിസ്സാരമായൊരു കണ്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടയാൾ സ്വീകരിക്കേണ്ട ഒരു സമീപനം അത് വൻ എല്ലാത്തിലേയും അനാസ അനായ സമയുന്നവനാണ് അർജുനന്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നു ഇതിന്റെ പരിഹാരം എന്താണ് അതെല്ലാം മനസ്സിലാക്കുന്നു ആത്മീയ തത്വങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു ലോകത്തിന്റെ രഹസ്യ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നു എല്ലാം എല്ലാം അറിയുന്ന ഒരാൾ സർവജ്ഞനായ ഒരാൾ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായും സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്ന നീ കേട്ടാ മതി അല്ലേ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ ഒന്ന് കൊള്ളൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞ് എല്ലാം മനസ്സിലായിരുന്നു ഡോക്ടർക്കെല്ലാം മനസ്സിലായി മനസ്സ്രഹത്വം അത് പറയാനുള്ള വികാസെന്താണ് ഭഗവാനീ പറയുന്ന വിവിധ ശാസ്ത്രങ്ങളുടെ ഉപദേശങ്ങളും ഞാനൊക്കെ കുറിച്ചും ഞങ്ങളൊക്കെ കുറ്റും പ്രത്യേകിച്ചും എന്തെല്ലാം എന്തെല്ലാം വിഷയങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് അത് പല പല ശാസ്ത്രങ്ങളുടെ സാരമാണ് വളരെ അനായാസമായി പറയുകയും ആ അനായാസതയാണ് പ്രഹസന്തെന്ന് പറയുന്നത് പറയുന്നത് അപ്പൊ പരിഹാസം കൊണ്ട് ഭാഷ്യകാരൻ പ്രഹസനം എന്ന് പറഞ്ഞത് പരിഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരാലും ഭാഷകാരന്മാരെ തിരുത്തത്തില്ല അതിന്റെ വ്യാഖ്യാനം നിങ്ങൾ കാരണം പരിഹാസം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പ്രചരിക്കുന്ന അർത്ഥം വേറെയാണ് ഇവിടെ എന്താണ് അതല്ല അർത്ഥം ആകും എന്ന് പറയുന്നത് ഇതാവാത്രം ഭാഷകാരനത് ഉദ്ദേശിച്ചിരിക്കണമെന്നൊന്നുമില്ല പക്ഷുകാരും ഒരു പക്ഷേ പരിഹാസം എന്നായിരിക്കും പറയുന്നത് വ്യാഖ്യാതാവ് പറയുന്നത് അതിന്റെ അർത്ഥം അതല്ല ഇതാണ് ഇങ്ങനെയാണ് വ്യാഖ്യാനത്തിന്റെ ഭത് ഇത് പറയുമ്പോൾ ഇത് വരുന്നു പരിഹാസം എന്ന് പറയുന്നതിൽ വരുന്ന എല്ലാ ദോഷങ്ങളും പരിഹരിച്ചു മറിച്ച് ആ അത് വളരെ ആഴമുള്ള അർത്ഥമുള്ള ഒരു ായിട്ടിട്ടാണ് വികാസമായിട്ട് എല്ലാം മനസ്സിലാക്കി എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കുന്ന ഓരോ ഡോക്ടറെ പോലെ അത് വളരെ ലാഘവത്തോടുകൂടി കൊണ്ടുപോകും അത് എത്രയും ഉപദേശിക്കുന്നത് ഭഗവാനെ സംബന്ധിച്ചൊരു ഈ സമയത്ത് പിന്നീട് ചോദിക്കും പറയും അതൊക്കെ അപ്പോ ആ ഒരു മൂഡിന് ഞാനങ്ങ് ആ മൂഡുണ്ടായില്ല അതൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ഈ സമയത്ത് എന്താണ് ഭഗവാൻ നല്ലൊരു മൂടിലാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണെന്ന് സർവ വിധമങ്ങളുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായ നിരയിലസ് മഹതോൾപജാതസ് വലിയ അർത്ഥങ്ങൾ ആശയങ്ങൾ അനായാസം അതുപോലെ അനായാസമായി ഉദ്ദേശിക്കും ഭഗവാൻ അതിന്റെ അനായാസത എന്നെങ്കിലും വിശ്വരൂപം തന്നെ കാണിച്ചു കൊടുത്തിട്ടില്ല വിശ്വരൂപ അവിടെ എന്തെങ്കിലും അനായാസമാണ് വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ആളിതെ നിസ്സാരം അപ്പൊ അർജന്റീന വളരെ ഈസി ആയിട്ട് ആ അനായാസതയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിരിച്ചു അതിന് വേറെ പരിഹാസം ഒന്നും അടക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകും വരുന്ന ഒരാളെ പെട്ടുകൊണ്ട് കൊഞ്ചിരിക്കും ഭഗവാൻ യോജിക്കുന്നു നമുക്കൊക്കെ യോജിക്കും നമ്മളൊക്കെ അറിയും എപ്പോ ഒരാള് പഴത്തൊരു ചട്ടി ചവിട്ടിയിട്ട് തെങ്ങ് വീണ് നമ്മൾ ആദ്യം പൊട്ടിച്ചിരിക്കും എന്നെ പോയി പിടിച്ചണീ നമ്മുടെ ഒരു സ്വഭാവമാണ് അവൻ വീണ് അവന്റെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞ് അവകളൊക്കെ പറ്റി ഇതൊക്കെയാണെങ്കിൽ അവ വീണതിന്റെ നമുക്കൊരു സന്തോഷവും അങ്ങനെ അല്ലാത്ത ആരോഗ്യം നമ്മുടെ മുന്നിൽ ഒരാൾക്ക് സെൽഫായി കഴിഞ്ഞാൽ നമ്മളാദ്യം ചിരിക്കും ഓ ഇന്നോട് ചിന്തിക്കും എന്നെ പോയി കൈമാന സുഖമാ എല്ലാവരും അങ്ങനെ നമ്മുടെ ഒന്നും സെൽഫാകുന്ന മറ്റാർക്കൊന്നും ഒരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിനെ കോമഡിയും നമുക്കത് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് അബദ്ധം അവനെ വേദനിപ്പിച്ചാൽ അടുത്ത് നമ്മൾ പോയി അവനെന്തെങ്കിലും സഹായിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യും അതിൽ നമുക്ക് പരിണാമപരമായി വന്നുചേരുന്ന ഒരു ഇരിക്കട്ടെ അപ്പോൾ മനുഷ്യൻ്റെ അങ്ങനെ ഉള്ളതാണ് മനുഷ്യന്റെ കുറ്റമല്ല മനുഷ്യന് പരിണാമത്തോട് വന്നു ചേരുന്നത് അത് അവന്റെ അതിജീവനത്തിന് അങ്ങനെ ഒരു സ്വഭാവം ആവശ്യമാണ് നമുക്കങ്ങനെയൊക്കെയാണ് പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല എൻ്റെ മൊത്തത്തിലുള്ള എന്താണ് അനായാസം മഹാഭാരത ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവർ ഗീത അങ്ങനെയാണ് അത്യന്തം തുടക്കം ഉള്ള അവസാന ഒരനായാസം അതിനേണ്ട ഗീതയിലും മറ്റൊരു ആദർശമായിട്ട് കാണിക്കുന്നു അതിനാണ് ഗീതയിലും എന്ത് പറയുന്നത് നിസ്സംഗത എന്ന് പറയുന്നതിന് അനായാസം ഒന്നും ബാധിക്കാതിരിക്കുന്ന ഒരവസ്ഥ ദുന്തുവങ്ങൾ മനുഷ്യനും ദുന്ദങ്ങളൊന്നും ബാധിച്ച് അതിൻ്റെ പേര് വേവലാതി ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥ ആണ് മനുഷ്യർക്ക് ജീവിതത്തിൽ വേണ്ട കാണിക്കാൻ ആണ് അതിനെ മഹാഭാരതത്തിൽ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്റെ എല്ലാ വലിയ നേട്ടങ്ങളെയും പിന്നെ തന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളെയും ഒരുപോലെ കാണുന്നതിനുള്ള ഒരു മനസ്സ് അത് ആണ് ഇതിന്റെ രാത്മീയ ഉദ്ദേശത്തിൽ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന് പിറന്നുകൊണ്ടായിരുന്നു പ്രധാനമായി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇവിടെ കാണും അതിനാണ് ഈ പ്രകസൻ എന്ന് പറയുന്നത് അനായാസം എന്ന് പറയുന്നത് ഒന്ന് അങ്ങനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്ന് ചോദിച്ചു പാർത്ഥശബ്ദത്തിന്റെ അർത്ഥം എന്താണ് കുന്തിയുടെ മകൻ അർത്ഥം പിന്നെ വ്യാഖ്യാനിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ അങ്ങനെ അതിനെ എന്താണ് അങ്ങനെ വ്യാഖ്യാനിച്ചു പ്രസന് വാർത്ഥിച്ചപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്താണ് അവിടെ പരിഹാസമല്ല പാർത്ഥിക്കുന്ന സ്നേഹത്തോടു കൂടിയാണ് ദാരില്യത്തോടു കൂടിയാണ് അങ്ങനെ അഭിസംബോധന ചെയ്തിട്ട് പറയുകയും പിന്നെ നമ്മുടെ മനോധർമ്മമനുസരിച്ച് വ്യാഖ്യാനിക്കും എന്ന് വിളിച്ചിട്ടാണല്ലോ പറയുന്നത് ഇപ്പോ നമ്മൾ ഒരാളോട് ഇടാൻ പോനെ എന്നൊക്കെ വിളിച്ച് പറയുന്നതിന് വ്യത്യാസമുണ്ടല്ലോ അപ്പോ കുറച്ച് സ്നേഹത്തോടും കാര്യങ്ങളോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ പാർത്ഥാന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പരിഹസിച്ച് ചിരിക്കുന്ന അല്ല ആ ചിരിയുടെ ആരെയാണ് ഇത് എന്തെങ്കിലും പറയുന്നതിന് നമുക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലാക്കത്തക്കരുന്ന് നമ്മൾ വ്യാഖ്യാനിച്ചോളൂ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് വ്യാഖ്യാനം അത്ര ഇതല്ല എന്താണ് ഓരോരുത്തരുടെ പല ധർമ്മമനുസരിച്ച് പറയുന്ന എന്തിനായില്ല ശങ്കരാചാര്യങ്ങളും വ്യാഖ്യാനിക്കേണ്ട ആവശ്യം കൂടി ആവശ്യമില്ലാത്തത് തള്ളിക്കളഞ്ഞു സാമാന്യാചാരം വലിയ കാര്യമാണ് ഇവിടുത്തെ വ്യാഖ്യാനിക്കുന്നത് എന്നാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അന്ന് പറയുന്നതിന് നല്ല ആശയമുണ്ടെന്നോ പരിഹാസത്തിൽ നമുക്ക് ഒരുപാട് പറയുന്നില്ല സത്സ്യമാണ് പക്ഷേ ആണ് സമസ്ത പ്രവർത്തന കൃഷ്ണ ഇതം മറ്റുതാകുന്നത് കൊണ്ട് ഇതോ എന്ന് പറയുന്നത് എന്താണോ ഇതം എന്താ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന എല്ലാത്തരം ഇതോന്ന് പറയുന്നത് പിന്നെ എങ്കിലേനാണ് വിപക്ഷിതം ചെറുപ്പം ചേഷ്ടകളിലൂടെ തന്നെ ആ ചേഷ്ടയിൽപ്പെടുന്നതാണെന്താ ശരി എന്ന് പറയുന്നത് ഇതിലൂടെയും എന്താണ് പറയാനെന്താണോ പോകുന്നത് അതൊക്കെ സൂചിപ്പിക്കുകയാണ് അധ്യാത്മവിഷയമായ കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത് അധ്യാത്മവിഷയമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് കോപ്പിച്ചോണ്ടത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോ അധ്യാത്മ ഉപദേശിക്കുകയാണെങ്കിൽ അവിടെ പരിഹാസം എന്ന് പറയുമ്പോൾ ജനിച്ചോണ്ട് പറയുമ്പോൾ അതെങ്കിലും ചേഷ്ട് സൂചിപ്പിക്കുന്നതെന്നാണ് പറയാൻ പോകുന്ന ആത്മീയ വിഷയങ്ങളും സുരക്ഷാ ഉപയോഗ ഇതെല്ലാം പരിഹാസം യാണ് ഈ സമയത്ത് ഈ വ്യാഖ്യാനം കൂടെ മനസ്സിലാണ് ഞാൻ മുമ്പെന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അവിടെ ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ബാക്കി കാര്യങ്ങളോടെ പറഞ്ഞത് ആത്മാ പരമാത്മ യാഥാർത്ഥ്യ തായ ഉപായ കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗ മോചനം ആത്മ പരമാത്മൻ യാഥാർത്ഥ്യം ആത്മയാഥാർത്ഥ്യം പരമാത്മ യാഥാർത്ഥ്യം ആത്മയാഥാർത്ഥ്യം എന്നതിൽ എന്താണ് ഈശ്വരൻ നേതാവാണ് ആത്മ താനിപ്പോലെ ഈശ്വരന്റെ വിധേയനാണ് താൻ ഈശ്വരന്റെ അംശമാണ് അല്ലെങ്കിൽ ഈശ്വരൻ ശരീരമാണ് ഇങ്ങനെ വേണ്ടിയുള്ള ആത്മയാഥാർത്ഥ്യത്തിൽ ആത്മാരെ യഥാർത്ഥങ്ങളാണ് അല്ലാതെ പരമാത്മാവ് ഞാനും ഒന്നാണ് എന്നൊക്കെ അർത്ഥിക്കുക പറയുന്നതിനുള്ള അബദ്ധമാണ് ശരിയായത് മനസ്സിലാക്കണം മോയീവാംശോ ജീവലോകോ ജീവബോധ സനാതനാണെന്ന് ഭഗവാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഈശ്വരത്തിലെ അംശം മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ാണ് ആത്മയാഥാർ പരമാത്മയാഥാവിനും മനസ്സിലാക്കുന്നാരാളും കൈകുണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളോ ശ്രീമന്ത് നാരായണനാണ് പരമാത്മാവ് ജഗത് ഉപകൃതി മറക്കും മനുഷ്യർക്ക് വേണ്ടിയിട്ടൂടെ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ വന്നതാകും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഇന്നത്തെ പ്രാപ്തി ഉപായ ഉപായം പോലും അപ്പോൾ ഈശ്വരപ്രാപ്തിക്ക് ഉപായമായിരിക്കും ഈശ്വരപ്രാപ്തി എന്ന് വെച്ചാൽ അയകൊണ്ട പ്രാപ്തിയാണ് വേറെ ഒന്നുമല്ല ഈശ്വരനാഥാനും വിട്ടില്ല അവിടെ പോയി അതിനുപായമായിരുന്നു എന്തൊക്കെയാണ് കർമ്മയോഗം ജ്ഞാനയോഗം പ്രാപ്തി കർമ്മയോഗം എന്ന് പറയുന്നത് സാറിന് പറയുന്നതുപോലെ ചിത്തശുദ്ധി പ്രവേശിക്കുന്നതാണ് പാപങ്ങൾ നശിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് ജ്ഞാനയോഗത്തെ പ്രാപ്തിയോഗത്തിലും ആത്മ ഞാൻ ജീവാക്കാനെ കുറിച്ചുള്ള ഞാൻ അത് സമ്പാദിക്കുന്നത് അതിലൂടെ എന്ത് ചെയ്യും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തിയോഗത്തെ പ്രാപ്തി കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി ജ്ഞാനയോഗത്തിലൂടെ ജീവാ ഞാൻ ഒടുവിൽ ഭക്തിയോഗത്തിലൂടെ അവിടെ ചേർത്ത് അതിന് ആണ് രണ്ട് വിഭാഗങ്ങളും പല വിഭാഗങ്ങളിലും രണ്ട് വിഭാഗങ്ങളും പിന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഭക്തിയും പ്രപത്തിയും രണ്ടും അതിന് തകർപ്യത്തിൽ എന്താണ് ത്രൈപമ്പികൾക്കാണ് ഭക്തി ഭക്തിയോഗം സ്ത്രീകൾക്കും സൂത്രന്മാർക്കും എല്ലാം പ്രപത്തി അങ്ങനെയാണ് അവന് വിജയത് മോക്ഷമല്ലാവരും കൊണ്ടും അതിസങ്കരും അങ്ങനെ സംവദിക്കുന്നത് എന്താണ് മോക്ഷം മോക്ഷത്തിന്റെ എല്ലാവരും അധികാരികളാണ് ജ്ഞാനത്തിനും എല്ലാവരും അധികാരികളാണ് പക്ഷെ ചില കാര്യങ്ങൾക്കെല്ലാവരും അധികാരികളല്ല വേദത്തിനും വേദാധ്യയനത്തിലൂടെ സാധിക്കുന്നതിന് സ്ത്രീകളും സൂത്രന്മാരും അധികാരികളല്ല ഇതാണ് രണ്ടുപേരുടെ അഭിപ്രായം ആ കാര്യത്തിനുള്ള അഭിപ്രായ കാര്യത്തിലോട് വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട് എന്നുകൊണ്ട് അന്ന് തന്നെയും മാതാ ത്രൈവർണികർക്കേ ഉള്ളൂ ബാക്കിയുള്ളവർക്കില്ല ആദ്യം നിങ്ങൾ ത്രൈവർണികർ പെടുന്നുണ്ടോ ബ്രാഹ്മണൻ ക്ഷത്രികൻ വൈശ്യൻ സൂത്രയും ആരി പെടുന്നുണ്ടോ ഉണ്ടാ ഉണ്ടെങ്കിൽ അതിനൊക്കെ കരികാരവും ഇതിന് പുറത്താണെങ്കിൽ രക്ഷയല്ല തമിഴ്നാടിന് അകത്താണോ പുറത്താണോ അത് നോക്കണം ഇതിന് പുറത്താണെങ്കിൽ ഇതിനധികാരി ആ കർമ്മയോഗം ജ്ഞാനയോഗം അതൊക്കെ അറിയാൻ ഭക്തിയോഗത്തിന് അധികാരമുള്ള അധികാരം നിങ്ങളൊക്കെ ഭയങ്കര ഭക്തന്മാരായിട്ട് കൂടെ എന്താ കഴിഞ്ഞു അറിയൂടെ അറിഞ്ഞിരിക്കും ന് അധികാരമുണ്ടോ എന്നുള്ളതായിരിക്കും ആ ഏത് ഉപസം അതാണ് ഭക്തിയോഗം വേറെ ഭക്തിയോഗമൊന്നുമില്ല നിങ്ങൾ പറയുന്നൊന്നും ഭക്തിയോഗം അല്ല അതൊക്കെ പ്രപത്തിയുടെ ഭാഗമായി നിങ്ങൾ ഇത് അങ്ങനത്തെ അതില് കർമ്മയോഗവും ജ്ഞാനയോഗവും തമ്മിൽ സംശയിക്കാം പക്ഷെ ഭക്തിയോഗത്തോടൊന്നും സംശയിക്കാൻ പാടില്ല അത് സ്വതന്ത്രമാണ് ഏറ്റവും ശേഷം ഭക്തിയോട് ഭക്തിയോഗത്തിലൂടെ മാത്രമേ മുക്തി സാധ്യമാകും മറ്റു രണ്ടെന്നും ഭക്തിയോഗത്തിൽ ഉപകരിക്കുന്നതാണ് അല്ലാതെ മറ്റു രണ്ടിലൂടെയും മുക്തി സാധിക്കും ഇനി ജ്ഞാനയോഗം കൂടാതെ ഇന്ന് ഒരാൾക്ക് കർമ്മയോഗം കഴിഞ്ഞ് നേരെ ഭക്തിയോഗത്തിലേക്ക് പോകാം ജ്ഞാനയോഗം നിർബന്ധമെടുത്തു കർമ്മയോഗത്തിൽ ഇവിടെ ചിത്രശുദ്ധി കൊണ്ടു കഴിഞ്ഞാൽ നേരെ ഇവിടെ പോകാം ഇവിടെ ഡ്രൈവർണീയരാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ നേരെ ഭഗമി യോഗത്തിലേക്ക് പോകണം ചില കിഴിവുകളുണ്ട് അത് ഈ ഗീതയ്ക്ക് വേർക്കാൻ വേണ്ടിയ ഈ പ്രാമാണികന്മാരായ ഓരോ ആചാര്യന്മാരായാലും ഇക്കാര്യത്തിൽ ഒട്ടനവധി വിചാരിച്ചു അല്ലെങ്കിൽ ഈ ചാർ ഓട്ടിരിക്കുന്ന യാതൊരു ഒട്ടന ഗീതയുടെ അതൊന്നും അല്ല എന്ന് പറയുന്നത് നമ്മുടെ ആധുനികന്മാരായ ശൂദ്രസന്യാസിമാരാണ് അത് ഞാൻ സൂത്ര സന്യാസി പറഞ്ഞു കൊണ്ടുവന്നു ആരെങ്കിലും പരിഹസിക്കാൻ പറയുന്നു എന്നു വിചാരിക്കരുത് അതല്ല ഞാൻ ശരിക്കും എന്റെ ശരിയായ സൂത്ര സന്യാസി പറയാൻ കാരണം ബ്രാഹ്മണൻ ക്ഷത്രിയം വൈശ്യസ് എന്ന് പറയുന്ന മൂന്ന് വിഭാഗക്കാർക്ക് മാത്രമേ ഉപനയനത്തിന് അധികാരമുണ്ട് മനസ്സിലാക്കാം അവർക്കൊക്കെ കൃത്യമായ മനസ്സൃതയും മറ്റു അവർ ജനിച്ചുകഴിഞ്ഞാൽ എത്രാമത്തെ വർഷം ഉപനയനം ചെയ്യണം ചെയ്തതിനും അവർക്ക് അവകാശം ഈ മൂന്ന് വിഭാഗത്തിലും പെടാത്ത എന്താ ആൾക്കാർ സ്ത്രീകൾ ഉൾപ്പെടെ അവർക്ക് അവർക്ക് ഉപനയനത്തിന് അധികാരമില്ല അങ്ങനെ ഉപനയനത്തിന് അധികാരമില്ലാത്തവര് ഇനി അവര് സന്യാസി സന്യസിച്ചാൽ സന്യാസത്തിന് വേണ്ടി അവർ ബന്ധനം ചെയ്താലും അവരല്ല സുത്ര സന്യാസികളായി അതാണ് സുത്ര സന്യാസി പറയുന്നത് അല്ല വെറുതെ ഞാനും ആക്ഷേപിക്കാൻ വേണ്ടി പറയുക ഇത് ാണ് സങ്കര പ്രത്യേകം പറഞ്ഞത് ഇതിൽ തന്നെ മൂന്ന് കൂട്ടുകളിൽ നിന്ന് ബ്രാഹ്മണൻ മാത്രമേ സന്യാസത്തിന് അധികാരം തോന്നുന്നു അപ്പൊ ആരെങ്കിലും നിങ്ങൾ ശങ്കര പരമ്പരയിലാണെന്ന പരമ്പര നിങ്ങൾ ബ്രാഹ്മണൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ശങ്കര പരമ്പര ഇപ്പിടത്തില്ല നിങ്ങൾക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റത്തില്ല ബ്രാഹ്മണനാണെങ്കിൽ ഇതൊക്കെ നിയമങ്ങളനുസരിച്ച് പറയുന്ന ലൈബ്രോ പക്ഷഭാഗവും എന്താരോണം അടപ്പമില്ല അകൽസിയില്ല സ്നേഹമില്ല വിദ്യേഷം ഇക്കാര്യത്തിൽ ശാസ്ത്രം നിർഭാഗ്യവശാൽ പഠിച്ചുപോയതുകൊണ്ട് ഇതൊക്കെ അറി അറിഞ്ഞ കാര്യം പറയുന്നത് വേറെ യാതൊരു അജണ്ടയില്ല ഇതൊക്കെയായിട്ട് നിയമം ഇല്ല അപ്പോ ഇന്നിപ്പോ എന്ത് ചെയ്യും ഇങ്ങനെ ഉപനയനത്തിന് അധികാരമില്ലാത്ത ശൂദ്രന്മാര് സന്യസിക്കാൻ വേണ്ടി ഉപനയനം ചെയ്ത് സന്യസിക്കുമ്പോൾ അവര് വിചാരിക്കുന്നവര് ബ്രാഹ്മണ സന്യാസിമാരാണ് അത് അബദ്ധമാണ് അവര് ശൂദ്രസന്യാസിമാരോ ചന്ദ്രാള സന്യാസിമാരോ ഒക്കെയാണ് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ശങ്കര എന്ന് പറഞ്ഞ സന്യാസം ശങ്കര പരമ്പരയിൽ പിന്നെ വലിഞ്ഞു കയറി അങ്ങോട്ടൊക്കെ വലിഞ്ഞു കയറിയിട്ട് ഞങ്ങളെതാണെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യം ഇതാണ് ഇനി ഗീതയിൽ ഉപദേശിക്കുന്ന ഈ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം അവരെക്കും ഉത്തമം ഭക്തിയോഗം നമ്മൾ ജ്ഞാനം നേടിയാലും ഭക്തി കിട്ടാതെ ഒരിക്കലും എന്താണ് അദ്വൈതികള് പറയുന്ന പോലെ സത്യവും ഭക്തി അതൊന്നുമല്ല ഈ വൈദികമായ ഉപാസനങ്ങള് ചെയ്ത് വേറെ പറയുന്നത് പോലെ തന്നെ മരണസമയത്ത് ഇങ്ങനെ ചന്ദ്രാരി പറയുന്നത് നാടിയുള്ള ആ നാടിയിലൂടെ നേരെ മൂർദാവിലൂടെ പോയി പറയുന്ന ഒരു വഴിയുണ്ടെങ്കിൽ ഉത്തരായണ മാർഗം എന്നൊക്കെ പറയുന്ന ആ വഴിയിലൂടെ പോയി അങ്ങ് വൈകുണ്ടെത്തിച്ചെന്ന് അവിടെ വിരജാ നദി ക്രോസ് ചെയ്യുന്ന മാത്രമേ മോക്ഷത്തെ നടത്തും അതിന്റെ ഇപ്പുറം നിന്ന് കഴിയുന്നതുവരെ മോക്ഷമുണ്ട് ഈ കാര്യം മുമ്പ് പറഞ്ഞാണ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അപ്പൊ ആ പോകണം അങ്ങനെ പോകണം എന്നുപകരിക്കുന്നതാണ് ഉപാസ പിന്നെ നത് വിവാഹം ആരഭ്യ അഹംസോട്ടേറ്റ് ഇത്രയാണ് ഗീത ഉപദേശമായിട്ട് ഇദ്ദേഹങ്ങളൊക്കെ ഉള്ളത് അശോച്യാന ശോചസ്വം പോലെ അവസാനങ്ങളെയാണ് അവിടെ പോലാണ് ഗീത ഉപദേശം അങ്ങോട്ടാണ് അവര് ഇദ്ദേഹം പറയുന്നു അവിടെ എന്താ ഉപദേശിക്കുന്നുല്ലോ നീ ദുഃഖിക്കുന്നു എന്നല്ലേ പറയുന്നു വെറുതും പറയുന്നുണ്ട് അങ്ങനെ ഉപദേശവും ഉപദേശം പറയുന്നത് എന്താണ് അവിടെയാണ് ഉപദേശം പറയുന്നത് ആത്മജ്ഞാനോപദേശിച്ചത് അപ്പൊ ഗീതോപദേശം എന്ന് പറയുന്നത് അശോച്യാൻ മുതലാണെന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെയാണ് ഗീതം എന്നിപ്പോൾ ഭഗവാൻ പല കാര്യങ്ങളും പറഞ്ഞു അതൊക്കെ ഗീതോപദേശമായിട്ട് പറഞ്ഞു അതൊക്കെ വയ്ക്കാൻ കഴിയും ശങ്കരാ ഗീതം അത് ചെയ്തില്ലല്ലോ അപ്പോൾ ഗീതോപദേശം എന്ന് പറയുന്നത് നത്വവിവാഹം അവിടെ പോലാണ് തത്വത്വപദേശം എന്നാണ് ജയത്തിന്റെ അഭിപ്രായം അതുകൊണ്ടാണ് പറഞ്ഞത് നത്വവിവാഹം ജാതനാസം ആരഭ്യ അഹന്തം വരുന്നുണ്ട് ഉവാച ഭൻ അത് പറയുന്നു അസൂചയാ ഉപദേശ അർത്ഥ അവധാന ആപാദന പരിഹാസഛായ ശാസ്ത്ര അവതരണം മാത്രാക്ഷാത് ശാസ്ത്രാസ്ത്രവതണമാണ് അല്ലാ ശാസ്ത്രമാണ് എന്തുകൊണ്ടാണ് അത് പരിസായ നേരിച്ചെന്ന് പറഞ്ഞ അതിന്റെൊരു ഛായ പറ അതിരിഹസിച്ചതി നീ എന്തിനാ ദുഃഖിക്കുന്നത് നു പറഞ്ഞതിന്റെ ഒരു നെഴിലാണ് ശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ രണ്ട് വാക്കു പറഞ്ഞതാണ് അല്ലാതെ ശാസ്ത്രമാണ് ശരിയാശാസ്ത്രം ആണ് പറയുന്നത് ഉപദേശ അർത്ഥ അവധാന ഉപദേശിക്കുന്ന വിഷയത്തില് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവധാനം ഉദ്യോഗസ്ഥ അത് പറയുന്നതിന് വേണ്ടി പരിഭാസ ഛായക ഒരു ഛായയാണ് അതിന് തുടർന്നു വരുന്നത് ഇതിന് വരുന്നതാണ് ീ പറയുന്ന അശോചിയാണ് അത് ഇതാണ് ശാസ്ത്ര അവതരണം മാത്രമാണ് സാക്ഷാശാസ്ത്ര സാക്ഷാശാസ്ത്രമല്ല അതുകൊണ്ട് ഗീത ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ വിവാഹം പോലെയാണ് മനസ്സിലാക്കാൻ കാണാൻ പറയുന്നത് അത് വേറെ തരത്തിലും വേക്കായിരിക്കും അശോക് അനു ശോഭ പ്രഹസനവ് ശോചിച്ചാൽ എന്തുകൊണ്ട് പറഞ്ഞു പ്രഹസൻ എന്ന് പറയുന്നതിന്റെ വിഷയമാണ് എന്തുകൊണ്ട് ഞാൻ ചിരിക്കുന്നു എന്നെ ഈ ദുഃഖം കൊണ്ടിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല അപ്പോ ആ പരിഹാസത്തിന്റെ വിഷയമാണ് ദുഃഖം അതിനോർത്താണെ ചിരിക്കുന്ന ഒന്നാണ് നത്വയു വഹിക്കാതി ഇതം മറ്റുള്ള ഇതത്തിന്റെ അർത്ഥം അടുത്ത് പറയും എന്ത് നത്വയു വഹിക്കും അപ്പൊ ആദ്യത്തെ ഈ രണ്ടുപേരീ പറയുന്നത് എന്താണ് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ചിരിക്കുന്നു നീ ദുഃഖിക്കുന്നു ഇത്രയേ നിന്റെ ദുഃഖസ്ഥാനത്താണ് അതിനുവേണ്ടി അത് കുറഞ്ഞു അല്ലാതെയും കുറഞ്ഞു ശാസ്ത്രമല്ല അത്ര മാസം എത്തിയത് കൊണ്ടും ഭക്തിയോഗ ഗോചരങ്ങളുടെ അതിൽ എന്താണ് അഹം താം സർവൈഷ്യാവി മാഷ്ട ഇതുവരെ പറഞ്ഞെന്താണ് അത് ശരിക്കും ഭക്തിയോഗം അത് ഭക്തിയോഗത്തെ വിഷയമാക്കി പറയുന്നു കാരണം അവിടെ മോക്ഷത്തെക്കുറിച്ച് പറയും മോക്ഷവും ഭക്തിയോഗത്തിലൂടെ സാധിക്കും അത് ഞാനും സാധിക്കും സർവസാധന ചരമശ്ലോക ഭക്തി വിരോധി ഉദാകർഷികമാണെന്നുള്ള എന്താണ് പ്രബദ്ധനം പ്രപത്തി എല്ലാ സാധകർക്കും പ്രപത്തി ഈശ്വരനെ പരിപൂർണമായി ആശ്രയിക്കുക എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങൾക്കും യോജിച്ച കാര്യമാണ് അതാണ് അവസാന ശ്ലോകത്തിൽ പറയുന്നത് അവസാന ശോഭത്തിൽ പറയുന്ന പ്രപത്തി കാരണാളം പറയുന്നതാണ് സർവർമാൻ ഹരിത്യജ്യ എന്ന് പറയും മാമേക ശരണം അതാണ് പ്രപത്തി ഈശ്വരനെ ആശ്രയിക്കാവുന്നത് അത് അവസാനം പറയും അതെന്ത് ചെയ്യുന്നു ഭക്തിവിരോധി നിവർത്തകത അതല്ല ഭക്തിക്ക് വിരോധിയായിട്ടുള്ള എല്ലാത്തിനും ഇല്ലാതാക്കുന്നതാണ് അത് പൂർവ്വത്തോടെ അന്വയിക്കുന്നു ഇതുവരെയുള്ള ഭാഗങ്ങളോട് അന്വേഷിച്ചിട്ട് ഭക്തിക്ക് വിരോധിയായ എല്ലാത്തിനെയും പരിഹരിച്ച് പരിഹരിക്കുന്നു അത് ഇവിടെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുവരെയാണ് ഗീതാശാസ്ത്ര പരിപൂർണമായി ഈശ്വരനെ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പോയത് അതെല്ലാ സാധകന്മാർക്കും വേണ്ടതാണ് ഇവിടെ അനുസരിച്ച് കർമ്മയോഗ്യാണെങ്കിൽ ഞാൻ യോജിക്കുകയാണെങ്കിൽ ഭക്തിയും പ്രഭക്തിയും ഒക്കെ ആശ്രയിക്കുന്നവരാ ഈശ്വരനെ ആശ്രയിക്കുന്നു നിർബന്ധമാണ് അതാണ് ഭക്തിക്ക് വിരോധിയായിട്ടുള്ള എല്ലാത്തിനും ഇല്ലാതെ അതെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വളരെ ശ്രീ ഭഗവാൻ വാലാശ്ശേരി ശോചസ്തും സുഭാഷസ് നാനുശോചനം പട്ടിക ഇനി അങ്ങോട്ട് വീതയുടെ തത്വങ്ങളെ സ്വീകരിക്കും ഇവരെ പൊതുവായ കാര്യങ്ങളാവും ഇവിടെ പോലെ തന്റെ സിദ്ധാന്തമനുസരിച്ച് എല്ലാം വിശദീകരിക്കും